രാജാവ് പറഞ്ഞു അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക ഞാൻ അവനെ എനിക്കുവേണ്ടി പ്രത്യേകം തെരഞ്ഞെടുക്കും അവൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു തീർച്ചയായും നീ ഇന്ന് ഞങ്ങളുടെ അടുക്കൽ ഉന്നത സ്ഥാനമുള്ളവനും വിശ്വസ്തനുമാകുന്നു